അവർ അവിശ്വസിച്ചതുപോലെ നിങ്ങളും അവിശ്വസിക്കണമെന്നും അങ്ങനെ നിങ്ങൾ സമന്മാരാകണമെന്നും അവർ ആഗ്രഹിക്കുന്നു അതിനാൽ അള്ളാഹു സുബഹാനഹുവ ചായാലായുടെ മാർഗ്ഗത്തിൽ അവർ ഹിജറ പോകുന്നതുവരെ അവരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത് എന്നാൽ അവർ വിമുഖത കാണിച്ചാൽ അവരെ നിങ്ങൾ പിടികൂടുകയും എവിടെ കണ്ടാലും കൊല്ലുകയും ചെയ്യുക അവരിലാരെയും നിങ്ങൾ സഹായിയായോ സംരക്ഷകനായോ സ്വീകരിക്കരുത്